Om asya vishnu saubha <laughs> etanara vaham amee manusat supit la nirgoham ee swa shiva shiva samaranam aham shiva arama asura ൃപം തദപ്യ ജഗൃതസ്ഥാനോ ഭയപ്രജ്ഞാംഗ ഏകോനവിൻസരി മുഖ സ്ഥൂലഭവൈശ്വാനര പ്രഥമ പദ സ്വപ്നസ്ഥാന പ്രജ്ഞകോനവിശതിമുഖ പ്രയുക്തോ ദ്ധീയപ്രതോ നമം ഗാമയത്തെ കിട്ടുക്തം സുപ്തസ്ഥാനീഭൂ प्रज्ञाघनवानंदमे हनंदुदो मुखाजय पद है േദ <t> പ്ര <thểmumbles composer> <t trimaya> പ്രത്യസാരം പ്രപഞ്ചോകശം ശാന് ശിവൈതം ചതുർത്ഥം മഞ്ഞത്തെ സാത്മാവിയ ജാഗരിതസ്ഥാനോ വൈശ്വാനോ അപാര പ്രഥമ മാത്രീരാതിമത്വാൻ വ ആപണോതി വൈ സർവാൻ കാമിശം മേൽ സ്വപ്നസ്ഥാന സുക്കാരോ ദ്യാത്ര ഉത്കർഷാ ഉഭേ വാൻ ഉകർഷിഹ വൈ ജാനസുന്ദരി സമാനസഭവേ നമവി वा वा दिया दिया इवरा इवरा ോ മാത്രതുവഹ പ്രപഞ്ചോ വശമ ശിവോ അദ്വൈതയ ഓം ആത്മീക സംവിശത് ആത്മാന വേദ अन्यस्य ോ ധർമാ ലോകാനുഭവങ്ങളെ സത്യമായി ഗണിക്കുന്ന ബന്ധമോക്ഷങ്ങളെ മുക്തിസാധനമായും കരുതുന്നു സത്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അവര് ബന്ധമോക്ഷങ്ങൾ സത്യമല്ലെന്നാ പറയുന്നത് ഭ്രമം എന്ന് പറയുമ്പോ ഭ്രമം ഒന്നും തരാൻ കഴിയത്തില്ല കാരണം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഉള്ള ഭ്രഹത്തെ ചാർവാകൻ അംഗീകരിക്കുന്നു ഭാഗൻ പറയുന്നത് അതൊക്കെ അസത്യം എന്നാ പറയുന്നത് ബന്ധമോക്ഷങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളാണെന്ന് മനഃപൂർവ്വം സാധുക്കളെ പറ്റിക്കുന്നതിന് വേണ്ടി ഓരോരുത്തർ പറയുന്ന ഒന്നാണ് ഭ്രമത്തെ അവർ അംഗീകരിക്കുന്നുണ്ട് ഭ്രമത്തെ അദ്വൈതിയെ അംഗീകരിക്കുന്നുള്ളു ആ തരത്തിൽ ഭ്രമം എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചരാകൻ അത് അംഗീകരിക്കുന്നില്ല അവർ പറയുന്നൊരു തട്ടിപ്പാണ് മുക്തി സാധനയെ വൃദ്ധായത്നമായി കരുന്ന് അവർ പറയുന്ന മുക്തിയില്ല അതൊരു തട്ടിപ്പാണ് അതിൻ്റെ സാധനകളും ഒരു തട്ടിപ്പാണെന്ന് പറയും വഞ്ചൻ എന്നാണ് അവർ പറയുന്നത് മറ്റുള്ളവരെ വഞ്ചിക്കാൻ വേണ്ടി പറയുന്നതാണ് പ്രപഞ്ചാനുഭവങ്ങളെ വിജ്ഞാനത്തിന്റെ പ്രതീതി മാത്രമായി കാണുന്ന വേദാന്തി ആ വേദാന്തിയുടെ അനുഭവം അങ്ങനെ അങ്ങനെ ഈ പ്രപഞ്ചാനുഭവം എന്ന് പറയുമ്പോൾ വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ് പക്ഷേ സിനകത്ത് വരുന്നൊരു തകരാറ് ഇവിടെ കരികയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ചിലത് നമുക്ക് വളരെ ലളിതമായി തോന്നും ഒരു നമുക്ക് ലളിതമായി തോന്നുന്നു എന്നതുകൊണ്ടത് നമ്മൾ ഗ്രഹിക്കണമെന്നില്ല ഉദാഹരണം പറഞ്ഞാലിപ്പോൾ മഹാത്മാക്കൾ ഗ്രന്ഥങ്ങളെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭാഷയോ ശൈലിയോ ആശ്രയിക്കാതെ സാധാരണ ബുദ്ധിയുള്ള ഒരു ലൗകീനം മനസ്സിലാക്കട്ടെ എന്ന് കരുതി ഉപദേശങ്ങൾ പറയും നമുക്കത് തോന്നുന്നത് ലളിതമായ ഉപദേശമാണ് നമ്മൾ പറയും ആ ഗ്രന്ഥം അത് സംസ്കൃതമാണ് അതിന്റെ ഭാഷ ശരിയല്ല കാഠിന്യം മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് ഭാഷയെന്ന പ്രയാസമുള്ളതാണെങ്കിൽ പിന്നെ അതിന്റെ ആശയം അതിന് ദുർഗ്രഹമാണ് എന്ന് അതിനെ നമ്മൾ പറയും സാധാരണ മഹാത്മാക്കളുടെ ഉപദേശം വെട്ടി നമ്മൾ പറയും അത് ലളിതമാണ് പക്ഷെ വാസ്തവത്തിൽ നമ്മൾക്കത് ലളിതമായി തോന്നി പക്ഷെ നമ്മൾ ആ ഉപദേശത്തിൻ്റെ സാരത്തെ ഗ്രഹിച്ചോ അതാണ് അടുത്ത പ്രശ്നം കഠിനമായ സംസ്കൃതി പറഞ്ഞതിന്റെ സാരം നമുക്ക് ഭാഷ തന്നെ പ്രയാസമായി അനുഭവപ്പെടുന്നു ശൈലി പ്രയാസമായി അനുഭവപ്പെടുന്നു പിന്നീട് ആശയത്തിന്റെ കാര്യം പറയാനുമില്ല മഹാത്മാക്കളുടെ ലളിതമായ ഉപദേശങ്ങൾ നമ്മളതിന് ലളിതമെന്ന് പറയുന്നു പക്ഷേ അതിന്റെ സാരം നമ്മൾ ഗ്രഹിച്ചോ അതിന്റെ സാരം നമ്മൾ ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രഹിച്ചതിനപ്പുറം ആ പറഞ്ഞിലൊന്നുമില്ലെന്ന് വരും നമ്മൾ ഗ്രഹിച്ചതിനപ്പുറം ആ പറഞ്ഞിലൊന്നുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂ അവിടെയും സാരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് ദഹനമാണ് ശബ്ദത്തിൽ അത് ലളിതമായിരിക്കും അല്ലെങ്കിൽ നമ്മളോട് ഉപദേശിക്കുന്ന ഭാവത്തിൽ അത് ലളിതമായിരിക്കും പക്ഷെ അതിന്റെ അന്തസ്തത്ത എപ്പോഴും ഗഹനം തന്നെയായിരിക്കും എന്തുകൊണ്ട് സംസ്കൃതത്തിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും അത് ഏത് ഭാഷയിൽ പറഞ്ഞാലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് അത് വിഷയം ഗഹനം തന്നെയാണ് പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ആ ഇത് സരളമാണ് നമ്മൾ മനസ്സിലാക്കി എന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അതിന്റെ സാരത്ത് നമ്മൾ ഗ്രഹിച്ചിട്ടില്ല അഗ്രഹിച്ചിട്ടില്ല എങ്ങനെ ഉറപ്പിച്ച് പറയുന്ന ഒരാൾ പറയണം ഞാൻ ഗ്രഹിച്ചു ഒരു ദിവസം സരളമായിരുന്നുകൊണ്ട് അതിന്റെ താല്പര്യം എന്താണ് ഞാൻ ഗ്രഹിച്ചു എന്നൊരാൾ അവകാശപ്പെട്ടാളോ ഞാനത് അംഗീകരിക്കത്തില്ല കാരണം അഗ്രഹിച്ചിരുന്നെങ്കിൽ അവൻ നന്നായനെ കേട്ട രക്ഷപ്പെട്ടനെ രക്ഷപ്പെടാത്തോണ്ടെന്ന് മനസിലാക്കാം ഏവനത് ഗ്രഹിച്ചിട്ടില്ല ഒരു ഉപദേശവും ഗ്രഹിച്ചിട്ടില്ല അമ്മരം പോലും ഗ്രഹിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഇതിനെ മാത്രം നമ്മൾ പഴിച്ചിട്ട് കാര്യമില്ല സംസ്കൃതത്തെ പഠിച്ചിട്ട് കാര്യമില്ല വേദാന്തത്തെ പഠിച്ചിട്ട് കാര്യമില്ല ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മളിൽ തന്നെയാണ് ഉപദേശങ്ങളൊന്നുമല്ല നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്തൊരു ശൈലിയിൽ പറഞ്ഞാൽ നമുക്ക് ഗ്രഹിക്കുന്നതിനും പ്രയാസമായി തോന്നും നമുക്ക് പരിചയമുള്ള ഭാഷയിൽ നമുക്ക് പരിചയമുള്ള ഒരു ശൈലിയിൽ പറഞ്ഞാൽ അനായാസമാണെന്ന് തോന്നുന്നു അത് പറയുന്നതാണ് അനായാസം കേൾക്കുന്നതും അനായാസമാണ് പക്ഷെ തത്വത്തെ ഗ്രഹിക്കുന്നിടത്ത് നമ്മൾ നമ്മുടെ നിലവാരത്തിലേ നിൽക്കും ഇത് ഓരോ ജീവന്റെയും അവന്റെ ബോധത്തിന്റെ വിഭിന്ന തലങ്ങളനുസരിച്ചാണ് ഈ തത്വഗ്രഹണം സംഭവിക്കുന്നത് നമ്മുടെ ബോധത്തിന്റെ തലം അതിന് ഉൾക്കൊള്ളുന്നതിന് പര്യാപ്തമല്ലെങ്കിൽ അത് ഏത് ഭാഷയും ആരുപദേശാലും ചെയ്യും അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും സംഭവിക്കത്തില്ല അത് നമ്മളിൽ തന്നെ ഇരിക്കുന്നു ഗുണമായാലും ദോഷമായാലും ശരി അത് നമ്മളിൽ തന്നെ ഇരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ബോധ തലത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അവിടെ ഇതിനെ ഉൾക്കൊള്ളേണ്ട ആ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ബോധതലം ആ നിലയിലായിരിക്കണം ആ നിലയിലായാൽ ഏതായാലും ഉൾക്കൊള്ളാൻ പറ്റും അവിടെയാണ് ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുന്നത് ആ ബുദ്ധിമുട്ട് നമ്മുടെ തന്നെ ബുദ്ധി സൃഷ്ടിക്കുന്നതാണ് അല്ലാതെ ശാസ്ത്രം സൃഷ്ടിക്കുന്നതല്ല ശാസ്ത്രത്തിന്റെ വ്യാഖ്യാനം സൃഷ്ടിക്കുന്നതല്ല ആചാര്യന്മാര് സൃഷ്ടിക്കുന്നതല്ല നമ്മുടെ തന്നെ ബുദ്ധി സൃഷ്ടിക്കുന്നതാണ് അപ്പൊ അതിനു മാറ്റം വരണം അതുകൂടി കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നത് ശരിയായ രീതിയിൽ തന്നെയാണ് പ്രപഞ്ചാനുഭവങ്ങളെ വിജ്ഞാനത്തിന്റെ പ്രതീതി മാത്രമായി കാണുന്നു വേദാന്തി അപ്പോ വിജ്ഞാനത്തിന്റെ പ്രതീതിയായി പ്രപഞ്ചാനുഭവത്തെ കാണുന്നു എന്ന് പറയുമ്പോ അത് കേവലം ഒരു വാക്യാർത്ഥത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല ഒരു വാക്യാർത്ഥത്തിലൂടെ അത് നമ്മൾ ഗ്രഹിച്ചൊന്നും പറയാൻ പറ്റത്തില്ല അത് വിജ്ഞാനത്തിലെ പ്രതീതിയായി സ്വയം ഗ്രഹിക്കാത്തടത്തോണ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നമ്മൾ ആർജിക്കുന്ന അറിവ് പലതരത്തിലുള്ള അറിവുകൾ പക്ഷെ വിജ്ഞാനത്തിന്റെ പ്രതീതി എന്ന് പറയുന്നത് സഹജമായ ഭാവത്തിൽ വരാത്തിടത്തോളം കാലം ഇതിന്റെ വാക്യാർത്ഥം നമ്മൾ മനസ്സിലാക്കിന്ന് തിരിച്ചാലും തിരിച്ചിട്ടില്ല നമ്മുടെ ബോധതലം അതിനാകണം മറിച്ചാണെങ്കിൽ ഈ വേദാന്തത്തെ കുറിച്ച് നമ്മുടെ അഭിപ്രായം പഴയതു തന്നെയായിരിക്കും എന്താണ് ഇത് മുഷുക്കനാണ് ഇത് ശുഷ്ക്കമാണ് എന്ന് തന്നെയായിരിക്കും അപ്പോൾ ഇവിടെ വാക്യാരത്ഥങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത് ശരി എന്നാണ് പക്ഷേ പറഞ്ഞല്ലോ ഇതിലാശയങ്ങൾ വാക്യാരത്ഥത്തിൽ ഒതുങ്ങുന്നതല്ല അതാണ് മുഖ്യം വിജ്ഞാനത്തിലെ പ്രതീതി മാത്രമായി കാണുന്ന വേദാന്തിയും ബന്ധമോക്ഷങ്ങളെ കല്പനയായി കാണുകയും ശരിയാണ് അദ്വൈതിയെ സംബന്ധിച്ച് വേദാന്തി എന്നുള്ള പ്രയോഗം സൂക്ഷിക്കണം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അദ്വൈതി എന്ന് പറയുന്നതിന് വേദാന്തി എന്ന് പറയരുത് പറഞ്ഞപ്പോടെ വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് പ്രമാണമായി സ്വീകരിക്കുന്ന എല്ലാവരും വേദാന്തികളാണ് നമ്മളിവിടെ പറയുന്നത് അദ്വൈതമാണ് വേദാന്തം എന്ന് പറയുന്ന അദ്വൈതത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ പൊതുവെ ആൾക്കാർ അദ്വൈതത്തിന് വേദാന്തം വേദാന്തം എന്ന് പറയും നമ്മളെ ഒരു സൂക്ഷ്മക്കുറവാണ് വേദാന്തം എന്ന് പറയുന്ന അദ്വൈതം മാത്രമല്ല അദ്വൈതവും വേദാന്തമാണ് പ്രപഞ്ചസത്യം എന്ന് പറയുന്നതും വേദാന്തമാണ് വിശിഷ്ടാദ്വൈതവും വേദാന്തമാണ് അദ്വൈതം വേദാന്തമാണ് പക്ഷേ അദ്വൈതത്തിന് പര്യായ പദമായി വേദാന്തം എന്നൊരു ശബ്ദം പ്രയോഗിക്കുന്നത് ശരിയല്ല വേദാന്തം വളരെ വിപുലമാണ് അതിനകത്ത് നാലാം വിഷയങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും അത് നമ്മൾ വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണം നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വേദാന്തത്തിലെ ഒരു ഭാഗമായ അദ്വൈതമാണ് അല്ല വേദാന്തമല്ല ചർച്ച ചെയ്യുന്നു എന്നുവെച്ചാൽ വേദാന്തത്തെ സമഗ്രമായും പൂർണ്ണമായും ആണ് ചർച്ച ചെയ്യുന്നത് അത് ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ അദ്വൈതം മാത്രം ചർച്ച ചെയ്താൽ പോലെ അദ്വൈതവും ചർച്ച ചെയ്യണം നമ്മളിപ്പോൾ അതല്ല ചർച്ച ചെയ്യുന്നു അതുകൊണ്ട് അവിടെയാണ് നമ്മളെ അസൂക്ഷ്മതയില്ലാതെ വരുന്നത് പ്രപഞ്ചാനുഭവങ്ങളെ വിജ്ഞാനത്തില് പ്രതീതമായി പ്രതീതി മാത്രമായി കാണുന്ന വേദാന്തിയല്ല അദ്വൈതി വേദാന്തിക്ക് പ്രപഞ്ച അനുഭവത്തെ സത്യമായി കാണും അതും വേദാന്തികളിൽ ഒരു വിഭാഗമാണ് നടത്തും എന്ന് പറഞ്ഞാൽ ദ്വൈതവും അദ്വൈതവും ഇതെല്ലാം കൂടെ ചേരുന്നതിന് പറയുന്ന പേരാണ് വേദാന്തി അത് അദ്വൈതത്തിന് മാത്രമുള്ളതല്ല രാമാനുജനിയും മാധ്യനിയൊക്കെ വേദാന്തികളെന്നാണ് പറയുന്നത് പക്ഷെ അവർ നമുക്ക് അദ്വൈതി പറയാൻ പറ്റില്ല അദ്വൈതി എന്ന് ശ്രീശങ്കരനെ നമുക്ക് പറയാൻ പറ്റും ആണ് എന്റെ വ്യത്യാസം അതൊരിക്കലും ഈ പദം വേദാന്തം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അദ്വൈതം പഠിക്കുന്നവര് തെറ്റായ രീതിയിൽ പ്രയോഗിക്കരുത് ഒരിക്കൽ കൂടെ ഞാൻ മുന്നറിയിപ്പ് തരുകയാണ് ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കത്തില്ല എന്റെ ഭാഷ മാറും വിജ്ഞാനത്തിലെ പ്രതീതി മാത്രമായി കാണുന്ന അദ്വൈതയും ബന്ധമോക്ഷങ്ങളെ കല്പനയായി കാണുകയും അത് ശരിയാണ് അദ്വൈതി ബന്ധമോശങ്ങളെ കല്പനയായി കാണും അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചാർവാകൻ്റെ ഈ ബന്ധമോശങ്ങള് അദ്വൈതി കാണുന്ന കൽപ്പന അതല്ല ചാർവാകന്റെ ഭ്രമം എന്ന് പറയുന്നു ചാർവാകൻ പറയുന്നത് അസംബന്ധം ഒന്നാണ് അവര് പറയുന്നത് ബുദ്ധിയുള്ള ആൾക്കാർ ബുദ്ധി ഇല്ലാത്തവരെ തട്ടിപ്പിന് വിധേയമാക്കുന്ന കേവലം ഭാഷാപ്രയോഗം മാത്രമാണ് അദ്വൈതമെന്നാണ് അദ്വൈതം മാത്രമല്ല വേദം മൊത്തം വേദം മുഴുവനെ അങ്ങനെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാനൊരുപക്ഷെ സമാനമായ പദങ്ങൾ ഉപയോഗിച്ചിരിക്കാം പക്ഷെ താല്പര്യം രണ്ടാണ് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചാർവാകനെയും അദ്വൈതയെയും എടുത്തു പറഞ്ഞത് ചാർവാകന്റെ ഭ്രമം വേറെ അദ്വൈതിയുടെ ഭ്രമം കാരണം നമ്മൾ ചാർവാകനായാലും ശരി അദ്വൈതി ആയാലും ശരി ദ്വൈതി ആയാലും ശരി എല്ലാവരും ഒരു തരത്തിലെങ്കിൽ വേറെ തരത്തിൽ നിരന്തരം ഭ്രഹ്മാനുഭവത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളീ പ്രപഞ്ചാനുഭവം തന്നെ എല്ലാം നമുക്ക് സത്യമല്ല ഓരോ അനുഭവങ്ങളും കഴിഞ്ഞതിനു ശേഷം നമ്മൾ ചിലതിനെയൊക്കെ തിരിച്ചറിയുന്നത് സത്യമായിരുന്നില്ല ഞാനങ്ങനെ വിചാരിച്ച് ശരിയല്ല ഞാൻ എനിക്കങ്ങനെ തോന്നിയത് ശരിയല്ല ഞാൻ അതിനെക്കുറിച്ച് ധരിച്ച് ശരിയല്ല അങ്ങനെ നിരന്തരം ഭ്രമാനുഭവങ്ങളെ തിരുത്തിയാണ് നമ്മൾ പോകുന്നത് ആ ഭ്രമാനുഭവം എന്ന് പറയുന്നത് തികച്ചും ലൗകികമായ അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം അതും നമ്മൾ ചർച്ച ചെയ്ത അതിൽ ചാർവാഹ്യനെന്നോ അദ്വൈതിയെന്നോ അദ്വൈതിയെന്നോ ഒന്നുള്ള വ്യത്യാസങ്ങളൊന്നുമല്ല പക്ഷേ അദ്വൈതത്തിൽ പറയുന്ന ഈ ഭ്രമം അതൊന്ന് വേറെയാണ് അത് സാധാരണ ലൗകികമായ മനുഷ്യന്റെ ഭ്രമമല്ല അതുകൊണ്ട് ഭ്രമം എന്ന് പറയുന്ന ഒരു ശബ്ദാർത്ഥത്തെ സ്വീകരിച്ചുകൊണ്ട് ഇതെല്ലാം ഒരുപോലെയാണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഭ്രമം എന്ന് പറയുന്നത് എന്താണ് സാധാരണക്കാരുടെ ഭ്രമം എന്താണ് അവന് ജീവിതാനുഭവങ്ങളിൽ നിരന്തരം ഭ്രമം സംഭവിക്കുന്നു നമ്മളതിന് പറയുന്ന എന്താണ് തെറ്റിദ്ധാരണയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലെന്നോ ഇങ്ങനെയൊക്കെ നമ്മൾ പറയും അതല്ല അദ്വൈതിയുടെ കൽപ്പന അത് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന ഒന്നല്ല അങ്ങനെ അനുഭവപ്പെട്ടിരുന്നെങ്കിൽ സർവ്വരു അദ്വൈതികളായിരുന്നു സർവസാധാരണമായ അനുഭവമാണ് ഭ്രമമെങ്കിലും അത് അദ്വൈതിയുടെ പ്രപഞ്ച അനുഭവം നമ്മുടെ പ്രപഞ്ചാനുഭവത്തിന് എന്താണ് ഭ്രമവും സത്യവും രണ്ടും കലർന്ന അനുഭവപ്പെടുന്നു നമ്മളതൊക്കെ വിശദമായും ബ്രഹ്മസൂത്രത്തിനും മറ്റും ചർച്ച ചെയ്യാറുണ്ട് സത്യമിഥ്യാനുഭവങ്ങൾ രണ്ടും കൂടി ചേർന്നാണ് അനുഭവപ്പെടുന്നത് ഇത് സാധാരണ അനുഭവം ലൗകികമായ അനുഭവം അതിന് ചെലവാകാനെന്നോ അല്ലാത്തവനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല പക്ഷേ അദ്വൈതിയുടെ കൽപ്പനെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുമ്പോൾ തന്റെ ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും തന്നെ ഒരു തരത്തിലുമുള്ള സത്യാനുഭവം ഇല്ല അത് ലൗകികന്റെ സത്യമിഥ്യാനുഭവം പോലെ ഉണ്ടാകും അത് ആത്മബോധത്തിൽ നിലയാണ് അതിനെ നമ്മൾ ഭ്രമം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വാച്യാർത്ഥമായിട്ട് ഗ്രഹിക്കരുത് രണ്ടും രണ്ടാണ് ചാർവാകൻ പറയുന്നു ബന്ധമോക്ഷങ്ങൾ അസംബന്ധമാണ് പക്ഷെ ചാർവാകൻ ശരീരം സത്യമാണ് ഈ സത്യമാണ് മറ്റൻ പറയുന്ന ഒരു വഞ്ചനയാണ് അവന് വഞ്ചിക്കാൻ വേണ്ടി കുറ്റിയുള്ളവർ തട്ടിച്ചതാണ് അതാണോ അദ്വൈതിയുടെ കൽപ്പന അല്ലെങ്കിൽ ഭ്രമവും പോലും അദ്വൈതി ഈ പ്രപഞ്ചത്തെ സത്യമായി കാണുന്നു ചർവാകനെ പോലും ഈ ശരീരത്തെ സത്യമായി കാണുന്നുണ്ട് ഒന്നുമില്ല അദ്വൈതത്തിൽ ബന്ധമോക്ഷങ്ങൾ കൽപ്പനയാണ് എന്ന് പറയുമ്പോ അത് ഏത് തരത്തിൽ നിന്നുകൊണ്ട് പറയുന്നു ആ തലത്തിലാണോ നമ്മുടെ ബുദ്ധി അതിനെ ഉൾക്കൊണ്ടത് അവിടെയാണ് പ്രശ്നം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണെന്നറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് പക്ഷെ ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സ്വയം തന്നെ പരിഹരിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് അത് ആ ബുദ്ധിയുടെ തലത്തിൽ വരുന്ന വ്യത്യാസമാണ് അത് പരിഹരിക്കുന്നത് നമ്മൾ നിൽക്കുന്ന തലത്തിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ നിൽക്കുന്ന തലത്തിൽ നിന്ന് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള ഭ്രമങ്ങളും നമുക്ക് സംഭവിക്കുകയും ചെയ്യും ബുദ്ധിയുടെ തലം മാറണം മാറുമ്പോൾ മാത്രമേ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പ്രകാശിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു ശബ്ദങ്ങളുടെയും വാക്യാർത്ഥങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഇതിന്റെ അർത്ഥതലം അതാണ് പ്രധാനമായൊരു വിഷയം അതുകൊണ്ടാണ് മഹാത്മാക്കൾ പലപ്പോഴും ലളിതമായ ഉപമകളിലൂടെ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്ര ശ്രമിക്കുന്നത് പറയുന്നുണ്ട് അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പരമാർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാലും ഈ ഉപദേശങ്ങൾക്കെല്ലാം ഒരു ഒരു താല്പര്യമുണ്ട് ഒരു ഉദ്ദേശ്യമുണ്ട് അത് ഉപദേശിക്കുന്നവർ സംസ്കൃതത്തിലായാലും ശരി മലയാളത്തിലായാലും ശരി അവൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രാഥമികമായ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ വേദാന്ത ശ്രവിക്കുന്നു അതിന്റെ പരമാർത്ഥം മനസ്സിലായി നമ്മൾ ആത്മജ്ഞാനികളായിപ്പോകും എന്നുള്ള ഭ്രമത്തിലല്ല ഇത് ഉപദേശിക്കുന്നു ഉപദേശിക്കുന്ന ആചാര്യന്മാർക്ക് അങ്ങനെ ഒരു ഭ്രമമൊന്നുമില്ല പിന്നെന്താണ് ലളിതമായി അത് ഉപദേശിക്കുമ്പോൾ ഇതിന്റെ വാച്ചാർത്ഥത്തിന്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് അവനൊരു സാമാന്യമായ ജ്ഞാനമുണ്ടാവും അത്രയും ഉദ്ദേശിക്കുന്നു അവനതിന്റെ സാരഗ്രാഹിയായിരിക്കണം എന്നുള്ള നിർബന്ധമൊന്നും ഈ ഉപദേശങ്ങളുണ്ട് ആരുടെ ഉപദേശങ്ങളുണ്ട് അവന്റെ സാമാന്യമായ ഒരു ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ അതവനൊരു ലക്ഷ്യബോധത്തിൽ ഉണ്ടാകും ഈ പ്രപഞ്ചം സത്യമല്ല എന്ന് നൂറ് ആവർത്തിക്കുമ്പോൾ അത് സ്വന്തം അനുഭവത്തിൽ വന്നില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ നിസ്സാരതയെക്കുറിച്ചുള്ള ഒരു പ്രതീതി അത് ബ്രഹ്മാത്മകമായി കൊള്ളട്ടെങ്കിലും അവന്റെ മനസ്സിലുണ്ടാവും അങ്ങനെ വരുമ്പോൾ മാത്രമേ പ്രപഞ്ചത്തിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് അവന്റെ മനസ്സ് തിരിയെത്തൂ അങ്ങനെ ഒരു സാമാന്യ ബോധമുണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ ഉപദേശങ്ങളുടെയും താല്പര്യം പൊതുവായ താല്പര്യം അത് ചില ജീവന്മാരിൽ വിശേഷിച്ച് പ്രയോജനം ചെയ്യും ഭഗവത്ഗീത പറഞ്ഞതുപോലെ സഹോദരമാണ് മനുഷ്യ വിഷു അതവിടെ പ്രയോജനം ചെയ്യും ഉപദേശിക്കുന്നവർക്കും അതറിയാം സർവത്ര ഒരുപോലെ പ്രയോജനം ചെയ്യത്തില്ല നിങ്ങളൊരു ഉപദേശം വളരെ ലളിതമെന്ന് തോന്നുന്ന ഒരു ഉപദേശം നൂറ് തവണ കേൾക്കുക ആയിരം തവണ കേൾക്കുക അതിനാവർത്തിക്കുക മനനം ചെയ്യുക ഓരോ നിമിഷവും നമുക്ക് അനുഭവപ്പെടുന്നതാണ് അതിന്റെ അർത്ഥതലം നമ്മൾ ഇന്നലെ വരെ ഗ്രഹിച്ചതല്ല ഇപ്പോൾ നമ്മൾ ഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ നിമിഷം ഗ്രഹിച്ചത് കാര്യമല്ല നമ്മൾ മനനം ചെയ്താൽ അതിന് ശ്രദ്ധയോടുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മാറുന്നതായി അനുഭവപ്പെടും നമ്മുടെ അനുഭവം മാറുന്നതായി അനുഭവപ്പെടും പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട കാര്യം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത് പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹിച്ചതന്നെ ഇപ്പൊ ഗ്രഹിക്കുന്നു ഈ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ട് ഉപദേശത്തിന് മാറ്റം സംഭവിച്ചുകൊണ്ടല്ലോ ആ കേളിക്കാരനിൽ വന്ന മാറ്റമാണ് ഉപദേശിക്കുമ്പോൾ പലപ്പോഴും ഗുരുക്കന്മാർ ഉദ്ദേശിക്കുന്നതാണ് കാലം കൊണ്ടെങ്കിലും ഇവന് സംഭവിക്കട്ടെ ഒരു മാറ്റം ഒരു വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കാലം കൊണ്ടായിരിക്കും അതിനൊരു ഫലം ഉണ്ടാകുന്നത് അതിന് കാലത്തെ അപേക്ഷിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് ഒരു വിത്ത് കുഴിച്ചിടാതിരിക്കാൻ പറ്റും ഇങ്ങല്ലോ അത് വളർന്ന് വലുതായി അതിന്റെ പക്വതയെത്തി ഒരു കാലത്തേ സംഭവിക്കത്തുള്ളൂ അതിന്റെ ഫലം പക്ഷെ എന്ന് വിചാരിച്ച് മഹാത്മാഗാന്ധിന്നും വിത്തിടേണ്ട സമയത്ത് അവർ വിത്തിടും ഫലം പിന്നീടാവുന്നുണ്ടാവുന്നു അതുകൊണ്ട് ശബ്ദം അല്ലെങ്കിൽ ഭാഷാ ശൈലി നമ്മൾ അത് ഗ്രഹിച്ചതൊന്നും ധരിക്കണ്ട അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഭാഷയുടെ ലാളിത്യം അല്ലെങ്കിൽ ഭാവത്തിലെ ലാളിത്യം തത്വത്തിൽ വരണമെന്നില്ല അതാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഗ്രഹിക്കുന്നത് പക്ഷേ പറയുന്ന തലത്തിൽ അതുകൊണ്ട് തന്നെ ചെറിയ ആശയക്കുഴപ്പങ്ങൾ വരുന്നത് സർവാകൻ ബന്ധമോക്ഷങ്ങളെ സർവാകന്റെ കൽപ്പന അല്ലെങ്കിൽ ഭ്രമല്ലാദ്വീതിയിലെത്തും അനായാസം സംഭവിക്കുന്ന സംസാര മുക്തിക്കുള്ള പ്രയത്നത്തെ വൃഥായത്നമായി കാണണം അത് അതായത് അദ്വീതി പറയുന്ന എന്താണ് ഈ മോക്ഷത്തിനുള്ള ശ്രമങ്ങൾ വൃതായത്വം എന്നല്ല പറയുന്നത് അത് ചാർവാകൻ പറയുന്നതാണ് ചാർവാകൻ പറയുന്ന എന്താണ് ഇതെല്ലാം വെറുതെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു ശ്രമങ്ങളെയും ഒരു അനുഷ്ഠാനത്തെയും മദ്വേതത്തിൽ നിഷേധിക്കുന്നില്ല അങ്ങനെ ഒരിടത്തും ോക്ഷങ്ങളെ സത്യമായി കരുതികൊണ്ട് ചെയ്യുന്ന യത്നങ്ങളാണ് എല്ലാ യത്നങ്ങളും അജ്ഞന്റെ പരിശ്രമങ്ങളാണ് ഈ അജ്ഞന്റെ പരിശ്രമങ്ങളെ വ്യർത്ഥമാണെന്ന് ഒരിടത്തും പറയുന്നില്ല പക്ഷേ വ്യത്ഥമെന്ന് പറയുന്ന ഇപ്പോ അദ്വൈതീടെ അദ്വൈത സാക്ഷാത്കാരത്തിൽ ആ തലത്തിൽ നിന്ന് നോക്കുമ്പോ ഇതിനൊന്നും യാതൊരു നിലയുമില്ല അവിടെ ആ തലത്തിലാണ് ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പറഞ്ഞല്ലോ പറഞ്ഞു തുടങ്ങിയതാണ് ഇതൊന്നും നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ടല്ല വിശദീകരിക്കുന്നു ഇത് വിശദീകരിക്കുന്നത് ആചാര്യന്റെ തലത്തിലാണ് അവിടെ നിന്നുകൊണ്ട് മാത്രമേ ഇത് പറയാൻ പറ്റൂ എന്താണ് ബന്ധമോക്ഷങ്ങൾ കല്പനയാണ് നമ്മുടെ തലത്തിലല്ല പറയുന്നത് പിന്നെ നമ്മോട് പറഞ്ഞിട്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കും അതിന് സമാനമാണ് ഞാൻ മുമ്പേ പറഞ്ഞു ഇതിന് ഇതിന്റെ തലത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിൽ നിന്നൊരു സാമാന്യ ബോധം നമുക്കുണ്ടാകും അത് നമുക്ക് ചുരുങ്ങിയ പക്ഷം ഒരു ലക്ഷ്യബോധം ഇങ്ങനെ ഉണ്ടാക്കിത്തരും ഒന്നുമില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ മനസ്സിലാക്കേണ്ടതിലും അല്പമാണ് അതിനപ്പുറമാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളൊരു ബോധവിലുണ്ടാവും അതൊക്കെയാണ് അതിൻ്റെ പ്രയോജനം അതുകൊണ്ട് രണ്ടും രണ്ടല്ലോ കറവാഹകന്റെ ധാരണയല്ല അദ്വൈതീയുടെ അനുഭവം രണ്ടും രണ്ടാണ് അതുകൊണ്ട് ആ പരവുമായ നിലയിൽ എന്താണ് എല്ലാ നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സത്യ കൽപ്പനകളും സത്യം എന്ന് കരുതി നമ്മുടെ കല്പനകളെല്ലാം ഇല്ലാതായിട്ട് അത് രീതിക്ക് ബന്ധമോക്ഷങ്ങൾ മാത്രമല്ല കല്പനയാകുന്നു ശരീരവും കല്പനയാണ് പ്രപഞ്ചവും കല്പനയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ സംസാരമോക്ഷത്തിനുള്ള ഒരു തരത്തിലുള്ള പ്രയത്നത്തിൽ അത് ദ്വൈതമായിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അദ്വൈതമായി കൊള്ളട്ടെ ഒന്നിനെയും കൃത്ഥായമായി കാണുന്നില്ല അങ്ങനെയൊരു പ്രശ്നവും വരുന്നില്ല അത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് രണ്ടിടത്ത് ശാസ്ത്രവും ഗുരുവാക്യവും മോക്ഷസാധനവുമെല്ലാം അപ്രസക്തമാവുകയല്ലേ ഇത് മറ്റൊരു തരത്തിൽ മനസ്സിലാക്കാം ചലവാകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവൻ കരുതുന്നതിൽ അബദ്ധമാണ് ശാസ്ത്രം ഗുരുവാക്യ അബദ്ധമാണ് മോക്ഷം അബദ്ധമാണ് നമുക്ക് കരുതുന്നു അദ്വൈതയെ സംബന്ധിച്ചിടത്തോളം അദ്വൈത സാക്ഷാത്കാരത്തിൽ അവിടെ ഇതിന് പ്രസക്തിയില്ല അത് ശരിയാണ് ചോദ്യവും ഇതാണ് ഇതിനിടയ്ക്ക് താൻ ചാർവാകനുമല്ല സാക്ഷാത്കാരം നേടിയോന്നുമല്ല ഇതിനിടയ്ക്കാണ് അവിടെ ഇതിനൊക്കെ പ്രസക്തിയുണ്ടോന്നാണ് അതിനിടയ്ക്ക് ഇതിനൊക്കെ പ്രസക്തിയുണ്ടോ അതിനൊന്നും നിഷേധിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇതിനൊന്നും പ്രസക്തി ഇല്ലെങ്കിൽ നമ്മൾ ഈ അദ്വൈതത്തെക്കുറിച്ചുള്ള അദ്വൈതത്തെ സംബന്ധിച്ചുള്ള ഈ ചർച്ച ഇതും അപ്രസക്തമായി പോകും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ചെറുവണ ചെയ്യുന്നു ഇതുകൂടി പ്രസക്തമല്ലതായി എന്തുകൊണ്ട് ചറുവാകൻ ഇതിന്റെ ആവശ്യമില്ല അവനത് കേൾക്കാൻ തയ്യാറല്ല ആത്മനിഷ്ഠനോ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അവന് ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ പിന്നെ ഈ അദ്വൈതമാർക്ക് വേണ്ടി ശാസ്ത്രങ്ങളും ശ്രവണവും മനനവും ആർക്കു വേണ്ടി അപ്പോ മധ്യത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഇതൊരിക്കലും അപ്രസക്തം അത് കേരളം നമ്മുടെ ചർച്ചകൾ അതിനെ തന്നെ അപ്രസക്തമാക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്താ പ്രയോജനം അതുകൊണ്ട് തന്നെ വിവേകപൂർവ്വം തന്നെ നമ്മൾ ഗ്രഹിക്കണം അദ്വൈത ചർച്ച ഒരിക്കലും അപ്രസക്തമല്ല ഓരോ വ്യക്തിയിലും അവനവന്റെ നിലയ്ക്കനുസരിച്ച് അതിന് പ്രയോജനം വരുന്നു അപ്രസത്യമാകുന്ന രണ്ട് തലത്തിലാണ് ഒന്ന് ഈ പറഞ്ഞതുപോലെ ചർവാകനൻ മറ്റൊന്ന് ആത്മനിഷ്ഠനൻ അവന് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എന്താണ് കൃതകൃത്യനായ ഒരുവനും അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല എന്തായാലും കൃതകൃത്യന്മാരായ ഗുരുക്കന്മാർ നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി അവരത് ചർച്ച ചെയ്യുന്നു ഉപദേശിക്കുന്നു മറ്റുള്ളവർക്കത് ഉപകാരപ്രദമായതുകൊണ്ട് അപ്പം ബന്ധമോക്ഷങ്ങൾ കൽപ്പനയാണെന്ന് പറയുന്നതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ബന്ധമോക്ഷങ്ങൾ സത്യമെന്ന് കരുതി പ്രവർത്തിക്കുന്ന ഒരുവൻ ബന്ധമോക്ഷങ്ങൾ കൽപ്പനയാണെന്ന് കരുതി പ്രവർത്തിക്കുന്നു അതിനുവേണ്ടി ബന്ധത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി അതാണ് അദ്വൈതത്തിന്റെ മാർഗം അത് സത്യമെന്ന് കരുതിയാലും കൽപ്പനയെന്ന് കരുതി തന്നെ അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു കൽപ്പനയെന്ന് കരുതിയിട്ട് പിന്നെ എന്തിനു പ്രവർത്തിക്കണം കാരണം ആ കൽപ്പന സ്വാനുഭവമായി മാറുന്നില്ല അത് കൽപ്പനയാണെന്നുള്ള സാമാന്യം ഞാൻ അവനുണ്ട് പക്ഷേ ഇത് കൽപ്പനയാണെന്നുള്ള അനുഭവത്തിലെത്തുന്നുണ്ട് അപ്പോൾ ഇത് കൽപ്പനയാണെന്നുള്ള സാമാന്യജ്ഞാനത്ത് നിന്നുകൊണ്ട് ഇത് കൽപ്പനയെന്നുള്ള സ്വ അനുഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു മറിച്ച് ഇതെല്ലാം സത്യമാണ് എന്ന് കരുതിയിട്ട് അദ്വൈത മാർഗത്തിൽ പ്രവർത്തിക്കാൻ സാധ്യമുണ്ട് അതിന് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കും അദ്വൈതത്തിന്റെ മാർഗത്തിൽ അവനത് അംഗീകരിച്ച് മതിയാകും എന്താണോ ഒരു കല്പന തന്നെയാണ് പക്ഷെ പ്രവർത്തനം അവസാനിപ്പിക്കാനും അവന് കഴിയുന്നില്ല എന്തുകൊണ്ട് അത് സ്വാനുഭവത്തിൽ തന്നെ നമ്മൾ അതാണല്ലോ സംഭവിക്കുന്നു പഠിക്കുന്നു പഠിപ്പിക്കുന്നു ചിന്തിക്കുന്നു യുക്തിയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പ്രമാണങ്ങളിലൂടെ ശാസ്ത്രത്തിലൂടെയും മറ്റും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അവിടെയെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ച് സാമാന്യമായ ബോധമുണ്ടാകുന്നുണ്ട് പക്ഷെ പ്രപഞ്ചസത്യത്വത്തെ നിഷേധിക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മുടെ ആ ബോധം അത്ര നമുക്ക് സ്വ എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാം നമ്മുടെ അറിവിൽ നമുക്ക് ദൃഢത വരുന്നില്ല എന്ന് പറയും നമ്മുടെ അറിവിൽ നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഇത് എന്റെ അറിവാണെന്ന് പറയാൻ കഴിയുന്നു ഇതൊരാചാര്യം പറഞ്ഞതാണ് അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഗുരുവിന്റെ ഉപദേശമാണ് ആ തരത്തിലതിനെ കാണാൻ കഴിയുന്നുള്ളൂ അപ്പൊ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് ി നമ്മൾ ബോധിച്ചതെന്ന് നമ്മൾ വിസ്മരിക്കുന്നു വ്യവഹാരത്തിൽ നമ്മുടെ അറിവ് അപ്രത്യക്ഷമാകുന്നു അറിവിൽ തന്നെ നമ്മൾ പലപ്പോഴും സംശയങ്ങൾക്കടിമപ്പെടുന്നു അറിയുന്നത് തന്നെ പലപ്പോഴും നമ്മൾ ഭ്രമാത്മകമായി ധരിക്കുന്നു ഇങ്ങനെയുള്ള നിരവധി ദോഷങ്ങളോടുകൂടിയാണ് നമ്മുടെ അറിവ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബോധ്യം വരുന്നു ഇതല്ല ഇതിനപ്പുറം ഒരു തലമുണ്ട് പക്ഷെ നമ്മൾ അറിയുന്നുണ്ട് ഇതൊന്നും സത്യമല്ല പക്ഷെ അവിടെ തന്നെ ഇതിനെ നമുക്ക് സ്വീകരിക്കാനും പലപ്പോഴും ഇതിനെ തിരസ്കരിക്കാനുമുള്ള മനസ്സ് നമ്മൾ തിരസ്കരിക്കുന്നത് എന്താണ് ഇതൊരിക്കലും അനുഭവത്തിലേക്ക് വരത്തില്ല ഇതൊരിക്കലും പ്രായോഗികമല്ല വേദാന്തമാണ് അദ്വൈതമാണ് ഈ തരത്തിൽ ചിലപ്പോൾ അതിനെ നമുക്ക് തിരസ്കരിക്കാൻ തോന്നും പക്ഷേ ചിലപ്പോൾ ഈ സത്യത്തിന്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ പ്രതിഫലിച്ചാൽ ഇതിനെന്തോ കഴമ്പുണ്ടെന്ന് തോന്നും ഇത് പറയുന്നത് പരം അബദ്ധമായിരിക്കാൻ വഴിയില്ല എന്ന് നമുക്ക് തോന്നും കാരണം ഗുരുക്കന്മാരുടെ ഉപദേശമാണ് അതങ്ങനെ പാഴാകാൻ വഴിയില്ല എന്ന് തോന്നും അപ്പൊ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് ഉള്ള പ്രയത്നങ്ങൾ ഒരിക്കലും വൃതാഗ്രാകത്തില്ല ഇവിടെ മുക്തിക്കുള്ള പ്രയത്നം പാടില്ലെന്നോ അത് വൃതാവാണെന്നോ അല്ല പറയുന്നു ഇവിടെ പ്രയത്നം ആവശ്യമാണ് ഈ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് പക്ഷേ അവിടെ ആ പ്രയത്നം ഈ ബോധത്തോടുകൂടി തന്നെ നമ്മളിൽ സഹജമായ ബോധത്തോടു കൂടിയല്ല നമ്മൾ ആർജിക്കുന്ന ബോധത്തോടു കൂടി ഇത് പരമാർത്ഥത്തിൽ സത്യമല്ല എന്നുള്ള ബോധത്തെ ആവർത്തിച്ചു കൊണ്ട് തന്നെയാണ് പോകുന്നത് എന്നാലും നമുക്ക് ഇതിനോട് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല അതാണ് ചർവാകനും തത്വജ്ഞാനിയും സാധകനും തമ്മിൽ പ്രത്യാഥം അപ്പം നമ്മൾ സാധകന്റെ നിലയിൽ നിന്നുകൊണ്ടാണ് കാണുകയാണെങ്കിൽ ബന്ധമോക്ഷങ്ങൾ അസത്യമാണെങ്കിലും ബന്ധനത്തിൽ നിന്നുള്ള മോചനം പ്രയത്നം ആ പ്രയത്നം അസത്യമായോട്ടെ അത് ആവശ്യമാണെന്നാണ് നമ്മൾ ബോധിക്കുന്നത് ആയിട്ടല്ല അവരിവിടെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരിക്കലും അപ്രസക്തമാകുന്നില്ല ഒന്നും ഇതുമാത്രമെന്നുള്ളൂ ഒരാൾ അദ്വൈതത്തെ കുറിച്ചൊരാൾക്ക് ഒരു ധാരണയുണ്ടായി പക്ഷെ അദ്വൈതത്തിന്റെ മാർഗത്തിൽ അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയും അയാൾക്ക് ദ്വൈതത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയും ആയിക്കോട്ടെ അദ്വൈതത്തെ കുറിച്ചുള്ള അയാളുടെ ധാരണ ശരിയാണെങ്കിൽ അയാൾ തന്റെ യോഗ്യതയെ തിരിച്ചറിഞ്ഞിട്ട് അയാൾ ദ്വൈതത്തിന്റെ മാർഗത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് യാതൊരു തേറ്റുന്നുണ്ട് മറിച്ച് തനതിനെ പറ്റിയ ആളല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ആ മാർഗത്തിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല അതിലും നല്ലത് തന്നെ സ്വയം തിരിച്ചറിഞ്ഞിട്ട് ആ തനിക്ക് പറ്റിയത് ദ്വൈതത്തിന്റെ മാർഗമാണെന്നറിഞ്ഞ് ആ മാർഗത്തിൽ ഉള്ള എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുന്നോളൂ അതായിരിക്കും കൂടുതൽ നല്ലത് മറിച്ച് തൻ്റെ അറിവിനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയിലല്ലെങ്കിലും ആത്മപ്യസ്യധർമ്മസ്യ എന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിചാരം നിലനിർത്താൻ കഴിഞ്ഞാൽ അത് ഉത്തമം തന്നെ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഗ്രഹിക്കുമ്പോൾ സമയക് ബുദ്ധിയോടുകൂടി ഗ്രഹിക്കും അതാണ് മുഖ്യമായി വരുന്നത് അതുകൊണ്ട് വിഷയം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹനമാണ് പക്ഷെ ആ ഗഹനത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അതിൽ നമ്മ നമ്മെ സംബന്ധിച്ച് എത്രമാത്രം ഗ്രഹിക്കാൻ പറ്റുമോ അത്രയും ഭാഗ കാല ക്രമീണതു എന്നാണ് പറയുന്നത് ആചാര്യന്മാർ ഒരു ഭാഗം കാലം കൊണ്ട് തന്നെ സംഭവിക്കണം എന്നാണ് കുറേയൊക്കെ ഇവ സംഭവിച്ചെന്നിരിക്കും പൂർണ്ണമായും സംഭവിച്ചുകൂടാമെന്നില്ല സംഭവിച്ചിട്ടില്ല എങ്കിൽ ഒരു പാദം കാലം കൊണ്ട് സംഭവിക്കണമെന്നാണ് അതാണ് നമുക്ക് ഉള്ള ഒരേ ഒരു സമാധാനം അതുകൊണ്ട് ഇവിടെ പറയുന്നതിന്റെ താല്പര്യതാണ് അടുത്ത കാര്യ ഈ പറയുന്നത് വീണ്ടും അതിനെ ഭാഷ്യകാലം വ്യാഖ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സംശയങ്ങളും നമ്മുടെ ബുദ്ധിദോഷങ്ങളും നമ്മുടെ ജ്ഞാനത്തിന് വന്ന ദോഷങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി വീണ്ടും തന്നെ വിശദീകരിക്കുന്നു ഈ വിശദീകരണങ്ങളെല്ലാം വാസ്തവത്തിൽ ഇതിനെ ലളിതമാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ വിശദീകരണത്തിൽ എന്താ സംഭവിക്കുന്നത് വിശദീകരണത്തിലൂടെ നമ്മൾ കൂടുതൽ തത്വത്തിലേക്ക് അടക്കും തത്വത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ബോധതലം അതിനെ ഉൾക്കൊള്ളാൻ പ്രാപ്തമല്ലെങ്കിൽ അത് നമുക്ക് ഗഹനമായി അനുഭവപ്പെടും അതാണ് വിശദീകരണങ്ങളിലൂടെ ഇത് ഗഹനീതയിലേക്ക് പോകുന്നു അത് കേവല പ്രതീതിക്ക് അപ്പുറമാണ് സാധാരണ നമുക്ക് ശബ്ദാർത്ഥ ബോധമുണ്ടാകുന്നത് പ്രതീതി രൂപത്തിലാണ് അത് നമുക്ക് സരളമായി തോന്നും ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്താ മനസ്സിലാക്കാനിരിക്കുന്നു ഇത്രയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലോ എന്ന് ചോദിക്കും ശരിയാണ് അത് മനസ്സിലാക്കുന്നത് വളരെ ലളിതം തന്നെയാണ് പക്ഷെ ആ ലളിതമായ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് അതിന് കേവലമായ പ്രതീതി മാത്രമാണ് ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കേവല പ്രപഞ്ചം മിഥിയാളെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഒരു കേവല പ്രതീതിയാണ് ബ്രഹ്മസത്യം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കേവല പ്രതീതിയാണ് അത് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ല അതുകൊണ്ടാണ് ആ പ്രതീതിക്ക് ശേഷവും നമുക്കിതെല്ലാം സത്യമായി തന്നെ അനുഭവപ്പെടുന്നത് ആ പ്രതീതിയിലൂടെ നമ്മൾ എന്താണോ ഗ്രഹിച്ചത് അതിന് വിപരീതമാണ് തുടർന്നവരെ നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ് അതല്ല തത്വഗ്രഹണം പിന്നെ എന്താ തത്വ ഗ്രഹണം എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി വിശദീകരിക്കേണ്ടി വരും അത് വിശദീകരിക്കുമ്പോൾ അതിനോടൊപ്പം എത്തിച്ചേരാനും നമ്മുടെ ബോധതലത്തിന് കഴിയാത്തവരും അപ്പോൾ വിശദീകരണങ്ങൾ ദഹനമായി അനുഭവപ്പെടും അത് തത്വത്തിന് വരുന്ന ദോഷമല്ല നമ്മൾ തന്നെ ഇരിക്കുന്ന പ്രശ്നമാണ് എന്താണ് പരിഹാരം പരിഹാരം ഒരു പരിഹാരം നമ്മളെ കൊണ്ട് ചെയ്യാമെന്നുള്ള പരിഹാരം എന്താണ് ഇതിനെ ആവർത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും ആചാര്യനെ അത് ആവർത്തിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് അത് നമ്മളെ കൊണ്ട് സാധിക്കേണ്ട പരിഹാരം പിന്നെ പരിഹാരത്തെയാണ് നമ്മൾ ഗുരു കൃപ എന്നും ഈശ്വര കൃപ എന്നും മറ്റും പറയുന്നു അപ്പൊ നമ്മളിലിരിക്കുന്ന അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല മറിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്താണ് പുരുഷയത്നം പൗരുഷം എന്ന് വെച്ചാൽ സ്വപ്രയത്നം അതിനെയാണ് ആ സ്വപ്രയത്നത്തിലൂടെ ചെയ്യാവുന്ന ഇതാണ് അതിന്റെ ആവർത്തി അതിനുവേണ്ടി ആചാര്യൻ പറഞ്ഞ കാര്യം നിന്ന് വീണ്ടും ആവർത്തിക്കുന്നു ആവർത്തനത്തിനാണ് നമ്മൾ പറയുന്നത് മനനം ശ്രവണം എന്നെല്ലാം പറയുന്ന ആവർത്തനത്തിന് അതാവശ്യമായി വരുന്നുകൊണ്ട് പറയുന്നു അതുകൊണ്ട് ഇത് ദഹനമായി അനുഭവപ്പെടുന്നു ഇത് മനസ്സിലാകുന്നില്ല അതുകൊണ്ടിത് പറയുന്നത് പാഴാണെന്ന് കരുതരുത് കേൾക്കുന്നതും വ്യത്ഥമാണെന്ന് കരുതല താല്പര്യമുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കുക മനസ്സിനതിനുള്ള വാസനയും സംസ്കാരവും ഉണ്ടെങ്കിൽ ഇതാവർത്തിച്ച പ്രയോജനം ചെയ്യും അതുകൊണ്ട് വിശദീകരണങ്ങളിൽ പലപ്പോഴും ഗഹനമായി കാരണം അവിടെ കാര്യങ്ങൾ നമ്മുടെ കേവല പ്രതീതിക്കപ്പുറം ബോധം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് അവിടെ നമുക്ക് പ്രഥമമായി അനുഭവപ്പെടുന്ന വിഘ്നമാണ് ഈ ഗഹനത എന്ന് പറയുന്നത് ഒരു അത് മാറിക്കിട്ടണം പറയുന്നവനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്വയം ആന്തരികമായ ഒരു പാകപ്പെടൽ അത് സംഭവിക്കുന്നു അതെയോ അതിനുവേണ്ടി ആചാര്യന്മാരോ ജീവന്മാരോടുള്ള കൃപ കൊണ്ടവരാർത്തിക്കുന്നു അതിലൂടെ കടന്നു പോകുന്നതിന് ക്രമേണ അത് സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയെക്കുറിച്ചും ഇവിടെ ചർച്ച ചെയ്യുന്നൊണ്ട് അടയ്ക്ക് ഇവിടെ പറയുന്നു അജം ഏകം ആത്മതത്വം ഇതി പറയുന്നത് എന്താണ് ഈ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത് പ്രതീതം ഇതുവരെയുള്ള ചർച്ച ചെയ്യുന്ന നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി എന്താണ് ഈ ആത്മതത്വം വിജ്ഞപ്തി ഈ ബോധം അജമാണ് ഏകമാണ് എന്നെല്ലാം ബോധ്യം ഇതിന് സാമാന്യം ജ്ഞാനം എന്ന് പറയുന്നു ഇതിനു നമ്മൾ ചർച്ച ചെയ്തിരുന്ന കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് ഏകദേശം ധാരണയാണ് പക്ഷെ വീണ്ടും അതിനെ സംശയങ്ങൾ വന്ന് മൂടിക്കളായി അറിവില്ലായ്മ അറിവിനെ പൊതിഞ്ഞുകളായി അങ്ങനെ പല ദോഷം പലയിടത്തും നമുക്ക് മുന്നോട്ട് കടക്കാൻ വയ്യാത്ത സ്ഥിതി വീണ്ടും നമ്മളെ സഹായിക്കാൻ വേണ്ടി വീണ്ടും വിശദീകരിക്കേണ്ട വിശദീകരിക്കുമ്പോൾ കുറെ നമുക്ക് മനസ്സിലാകും കുറെ മനസ്സിലാകാതെ ഇരിക്കും ഇത് രണ്ടും നമ്മൾ സഹിക്കണം മനസ്സിലാകുന്നതിനും സഹിക്കണം മനസ്സിലാകാത്തതിനേയും സഹിക്കണം എന്നാൽ മുന്നോട്ട് പോകാൻ പറ്റും തത്ര ഈ രവി കാര്യകാരണഭാവ കത്തിയതേ ദേശാന് ദ്രവ്യം ദ്രവ്യ അന്യസ്യ അന്യധീത കാരണസ്യാകും ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവത്തിൽ അങ്ങനെയല്ല കാണുന്നത് ഞാൻ വായിക്കുമ്പോൾ പുസ്തകത്തിൽ തപ്പിയാൽ മതി ഞാൻ സംസാരിക്കുമ്പോ എന്റെ വായിൽ നോക്കിയിരുന്നാൽ കാരണം ഞാൻ പറയുന്നതന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിലപ്പോൾ എന്റെ താല്പര്യത്തെ ആയിരിക്കും പറയുന്നത് എന്റെ വാച്ചാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വ്യാഖ്യാനങ്ങൾ നോക്കിയാൽ ട്രാൻസ്ലേഷൻ മലയാളവും ഇംഗ്ലീഷും ഒക്കെ നോക്കിയാൽ ഇവിടെ വന്നിരിക്കുന്ന വായി നോക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇവിടുത്തെ ജോലി അല്ലെങ്കിൽ മുറിക്കകത്തിരുന്ന് പുസ്തകം മറിച്ച് നോക്കിയാൽ താല്പര്യം ഗ്രഹിക്കണം ഒരു പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ അതാണ് നമ്മൾ പറയുന്നതും വ്യാഖ്യാനവും തന്നെ വ്യത്യാസം ഒരു വ്യാഖ്യാനം എഴുതുമ്പോൾ അതിനൊരുപാട് പരിമിതികളുണ്ട് എല്ലാം എഴുതി പിടിപ്പിക്കാനൊക്കത്തില്ല പറയുമ്പോൾ അവനല്ല കുറച്ചുകൂടി സ്വാതന്ത്ര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ വ്യാഖ്യാനം എഴുതാത്തത് വായിക്കാൻ ആളെ കിട്ടത്തില്ല പറയുമ്പോൾ തന്നെ ഇതാണ് ഗതികളെങ്കിൽ പിന്നെ എഴുതിയാനെന്തായിരിക്കും അതുകൊണ്ട് താല്പര്യത്തിലേക്ക് കിടക്കും താല്പര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതീതികൾക്ക് അപ്പുറമാണ് പ്രതീതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സരളം താല്പര്യം എങ്ങനെയല്ല അത് കൂടുതൽ ദഹനവും സൂക്ഷ്മവും ആയി മാറും ഇവിടെ പറയുന്നതിന്റെ താല്പര്യം ഇതാണ് ഞാൻ പലപ്പോഴും വാശ്യാർത്ഥത്തെ വിട്ടിട്ട് താല്പര്യത്തിലേക്കാണ് പോകുന്നത് വാശാർഥം വിശദീകരിക്കാത്ത വാശ്യാർത്ഥത്തിന് എന്താണ് വ്യാഖ്യാനങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ചിലര് ഞാനത് പറയുമ്പോഴത്തേക്ക് പുസ്തകമായിട്ട് മല്ലടിക്കുന്നതാണ് ഇതെവിടെയാണ് പറയുന്നത് ഒത്തിരി അഭ്യാസങ്ങൾ നടത്തുന്നതാണ് എന്നിട്ട് നിരാശനായി കുനിഞ്ഞിരിക്കും ഇതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ ഞാനിത് എവിടുന്നാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് പറയുന്നത് ഏത് വിഷയത്തിലായാലും ശരി എന്താണ് ആത്മമനനം അത് ആവശ്യമാണ് സ്വമനനം ഏത് വിഷയത്തിൽ അതിനുള്ളൊരു ഉപായം മാത്രമാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് വരികൾ എന്ന് പറയുന്നത് അതിനുള്ളതാണ് അത് സ്വമനനത്തിലൂടെ നമ്മൾ സംശയീ ഒരിക്കലും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങൾ അതുപോലെ ധരിക്കണമെന്നല്ല ഞാൻ പറയുന്നത് അത് നമ്മുടേതാവണമെങ്കിൽ നമ്മുടെ മനനത്തിലൂടെ അതിനെ സംശീകരിച്ചാലേ പറ്റും അല്ലെങ്കിൽ അത് ഏട്ടല വിദ്യ അങ്ങനെ ഇരിക്കട്ടേ ഉള്ളൂ ഇവിടെ പറയുന്നതിൻ്റെ താൽപ്പര്യം എന്താണ് ഇതാണ് പറഞ്ഞല്ലോ പ്രതീതിയിൽ ശരിയാണ് ആത്മാവ് സത്യമാണ് അജമാണ് ഏകമാണ് പക്ഷേ ബാഹ്യമായ പ്രതീതിയിലോ പ്രപഞ്ച അനുഭവത്തിലോ അവിടെ ഈ കാര്യം കാരണഭാവവും മറ്റും നമ്മുടെ മുമ്പിൽ ശക്തമായി തന്നെ നിൽക്കുന്നു അതാണ് ഇതിനെ പറയുന്ന ആൾക്കാർ വരുന്നു വരും ശുഷ്പ വേദാന്തം പറയുന്ന ഇവിടെ കാര്യത്തിലവിടെ ഈ കാര്യകാരണഭാവം സ്ഥൂലമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ ഇതിനെ കേവലം ഒരു പ്രതീതിയായിട്ട് നമുക്ക് ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റും പ്രതീതിയുടെ അർത്ഥമുണ്ടോ അവിടെ അതാണ് പ്രതീതിയുടെ അർത്ഥം നമ്മൾ ധരിക്കുന്ന പ്രതീതിയുടെ അർത്ഥം എന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു അനുഭവം മാത്രമാണ് അത് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിൽ വന്നുള്ള അനുഭവമാണ് അന്ധകാരത്തിൽ നിന്നുകൊണ്ടുള്ള വെളിച്ചത്തിന്റെ അനുഭവമാണ് പ്രപഞ്ചം കേവലം പ്രതീതി മാത്രമാണെന്ന് പറഞ്ഞ് നമ്മൾ ധരിക്കുമ്പോൾ അത് ഏതുപോലെയാണ് അന്ധകാരത്തിൽ നിന്നുകൊണ്ടുള്ള വെളിച്ചത്തിന്റെ അനുഭവം പോലെയാണ് അതെങ്ങനെ പൂർണ്ണമാകും അന്ധകാരത്തിൽ നിന്ന് മാറി വെളിച്ചത്തിന്റെ അനുഭവം പറഞ്ഞ വെളിച്ചത്തിൽ നിന്നുകൊണ്ടുള്ള അതാണ് ഇവിടെ ആചാര്യന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ എത്തുന്നില്ല അതാണ് ഇത് സൂഷ്ടമായി അതാണ് വേറെ നേരവി കാര്യകാരണഭാവ കൽപ്യതേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു കാര്യകാരണഭാവങ്ങളെ കൽപ്പിക്കുന്നു നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നു ഈ സത്യാനുഭവത്തിൽ ഇവിടെ ശാസ്ത്രം ബോധിപ്പിക്കുന്ന സത്യം മറഞ്ഞുപോവുകയാണ് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല അവന്റെ പിതാവിൽ നിന്ന് ഉണ്ടായി അവനിൽ നിന്ന് പിന്നെ സന്തതികളുണ്ടാകുന്നു കാര്യകാരണഭാവം എന്താ ഇതെല്ലാം കല്പനയാണ് പിതാവും പുത്രനും കൽപ്പനയാണ് ഇതിനെങ്ങനെ ഒരു കൽപ്പനയെ കാണാൻ പറ്റും ദ്രവ്യം ഗുണം കർമ്മം ഗുണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈ പ്രപഞ്ചം ഇത് പരസ്പരം കൂടി ചേർന്ന് കാര്യകാരണ ഭാവത്തിൽ ഈ പ്രപഞ്ചം അനുഭവപ്പെടുമ്പോ ഇതിന് കേവലം ആശയപരമായി നിഷേധിക്കേണ്ട ഇതെന്താണ് കേവലം ഒരു ആശയമാണ് ഇത് കല്പന അതങ്ങനെ സാധ്യമാകും ഇത് ആശയപരമായൊരു നിഷേധമല്ല ഇവിടെ പറയുന്നു നമ്മളതിനെ ഗ്രഹിക്കുന്നതും കേവലം ആശയപരമായിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ സത്യത്തെ നമുക്ക് ആശയം കൊണ്ട് നിഷേധിക്കാൻ പറ്റാത്തത് നമ്മുടെ ഈ പ്രപഞ്ചാനുഭവം നമുക്ക് സത്യമാണ് അതിനെ നമ്മളൊരു ആശയം കൊണ്ട് നിഷേധിക്കാൻ ശ്രമിക്കുകയാണ് ആശയം എന്താണ് ഇത് കേവലം പ്രതീതി മാത്രമാണ് അതെങ്ങനെ നിഷേധിക്കാൻ പറ്റും അത് നമ്മൾ നിഷേധിക്കാൻ ശ്രമിച്ചാൽ നിഷേധിക്കുകയല്ല കൂടുതൽ ദൃഢപ്പെടുത്തുള്ളൂ പ്രപഞ്ചം സത്യമാണെന്നുള്ള അനുഭവം ദിവസം പിന്നെ ഇതെങ്ങനെയാണ് നിഷേധിക്കുന്നത് നിഷേധിക്കുന്നത് കേവലമായ അനുഭവത്തിന്റെ തരത്തിലേയുള്ളൂ ഇതിന്റെ നിഷേധം അവിടെ മാത്രമേ ഇത് നിഷേധിക്കാൻ പറ്റൂ അതെന്താ ഈ അനുഭവത്തിൻ്റെ ഫലം അത് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ അലാദശാന്തി സ്വപ്നം തുടങ്ങി നിരവധി ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ വർത്തമാനത്തിലുള്ള അനുഭവം അല്ലെങ്കിലും നമ്മുടെ അന്യാനുഭവങ്ങളുമായി തട്ടിച്ചു നോക്കി മനസ്സിലാക്കുന്നു അന്യാനുഭവങ്ങളെന്ന് പറഞ്ഞാൽ സ്വപ്നാനുഭവം പോലെയുള്ള അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുന്നു എന്നിട്ട് നമ്മുടെ ആ പ്രതീതി എന്താണ് ഈ പ്രപഞ്ച സത്യമെന്ന അല്ല എന്നുള്ള ആ പ്രതീതിയെ ദത്തുക അത് അനുഭവത്തിലേക്ക് നയി അവിടെ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ നമ്മുടെ മുമ്പിൽ നിന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യകാരണഭാവങ്ങളുടെ നിഷേധം അവിടെ സംഭവിക്കും അവിടെ മാത്രമേ എന്താണ് ഇതൊരു കൽപ്പനയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്നാലും അത് അതാണ് പരമാർത്ഥം പറയുന്നു കൽപ്പ്യത ഇവിടെ സത്യമായി നമുക്കിത് കാര്യകാരണഭാവം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇതൊരു കല്പനയാണ് പരമാർത്ഥദൃഷ്ടി ചിന്തിക്കുമ്പോൾ ഇതൊരു കല്പനയാണ് യേഷാം ദ്രവ്യം ദ്രവീസ്യ അന്യസ്യ അന്യ എന്തു ചെയ്തു കാരണസ്യ അതിവിടെ എന്ത് ചെയ്യുന്നു ഒരു ദ്രവിയും മറ്റൊരു ദ്രവ്യത്തിന് കാരണമായി നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു പിതാവ് പുത്രന് കാരണം മണ്ണ് കാരണം സ്വർണം ആഭരണത്തിന് കാരണം അങ്ങനെയുള്ള പലതരത്തിലുള്ള കാരണങ്ങൾ നിമിത്ത കാരണങ്ങൾ സമവായ കാരണങ്ങൾ പലതരത്തിൽ നൂറ് കാരണത്തിനുള്ള കാര്യകാരണ ബന്ധങ്ങൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണോ ഒന്നും ഒന്നിന് കാരണമാകുന്നില്ല മറ്റൊന്നിനെ കാരണമാകുന്നില്ല അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറയുന്നത് ഈ ഭേദബുദ്ധി നിലനിൽക്കുമ്പോൾ ഭിന്നങ്ങളായ വസ്തുക്കൾക്ക് പരസ്പരം കാര്യകാരണഭാവത്തെ നമ്മൾ ധരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു ദൃഢമായി ധരിക്കുന്നു പക്ഷെ എവിടെയെങ്കിലും ഒന്ന് അതിന് കാരണമാകാൻ നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലായെന്താണ് വിജ്ഞാനം അജമാണ് ഏകമാണ് എന്ന് മനസ്സിലായി അതിനെക്കുറിച്ചൊരു സാമാന്യ ധാരണയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഏകമായ വിജ്ഞാനം മറ്റെന്തിനു കാരണമാകും മറ്റൊന്നിനും കാരണമാകാൻ വഴിയില്ലല്ലോ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ കാര്യകാരണഭാവം നമ്മുടെ ഭേദബുദ്ധിയിൽ ഉറച്ചതാണ് ആ ഭേദബുദ്ധിയിൽ ഇവിടെ പിന്നെ കാര്യകാരണഭാവത്തെ കാണാൻ കഴിയുന്നു ഇവിടെ അജാതത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഉത്പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി ആ പ്രപഞ്ചത്തിന്റെ കാരണം എന്താണ് ആ ചോദ്യത്തിന് സമാനം പറയുകയാണ് ഏകത്തിൽ കാര്യകാരണഭാവമില്ല അവിടെ ഈ ചോദ്യത്തിനും പ്രസക്തിയില്ല അദ്രവ്യം കസി കാരണം സ്വതന്ത്രം ദൃഷ്ടം ലോകെ അങ്ങനെ നിങ്ങളൊന്നിനെ കണ്ടിട്ടുണ്ടോ വസ്തു എന്ന് നമുക്ക് വിളിക്കാൻ കഴിയാത്തോ അത് എവിടെയെങ്കിലും ഒന്നിന്റെ കാരണമോ കാര്യമോ ആവുന്നുണ്ടോ ഈ കാണുന്നതിന് ഒന്നും നമുക്ക് പരമാർത്ഥത്തിൽ വസ്തുവെന്ന് വിളിക്കാൻ വയ്യ ഇതൊരു പ്രതീതി മാത്രമാണ് ഇവിടെ പിന്നെ കാര്യധാരണഭാവത്ത് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും എന്നുവച്ചാ ദ്രവ്യത്വം ധർമാണം ആത്മനാം ഉപദ്ധ്യത അന്യത്വം വാ കുതശ്ചിത്യെ അന്വേഷിച്ച കാരണത്തും കാര്യത്തും ആ പ്രതിബദ്ധയില്ല ഈ വിജ്ഞാനം ചിത്ത് എന്നെല്ലാം പറയുന്നത് ഇതൊരു വസ്തുവല്ല ഇതിന് വസ്തുവായിട്ട് എടുത്ത് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നില്ല നമ്മൾ മറ്റു വസ്തുക്കളെ പരിശോധിക്കുന്നു ഇത് സർവ്വ വസ്തുക്കളെയും പരിശോധിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ എല്ലാത്തിനെയും അറിയുന്നതും അറിയിക്കുന്നതും പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം നടത്തുന്നതും ആരാണ് ഈ ചിത്താണ് അതാണ് വസ്തുക്കളെ പഠിക്കുന്നത് അതാണ് പറയുന്നത് എന്താണ് ഇത് വസ്തുവാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വയം അതല്ല അതൊരു വസ്തുവല്ല അത് മറ്റെല്ലാത്തിനെയും വസ്തുക്കളായി നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരികയാണ് നമ്മുടെ നമുക്ക് കാണുന്ന ഈ ശരീരം ഉൾപ്പെടെ സർവത്തിനെയും അതുകൊണ്ട് ധർമാണാം ആത്മനാം ദ്രവ്യത്വം നൂപത്തിന്റെ ഈ ചിത്തം അല്ലെങ്കിൽ ഈ വിജ്ഞപ്തി വിജ്ഞാനം അതിന് തന്നെ ആത്മാവ് പരമാത്മാവ് എന്നെല്ലാം പറയും അത് വസ്തുവല്ല ദ്രവ്യമല്ല അതൊരു പദാർത്ഥമല്ല എല്ലാ പദാർത്ഥങ്ങളും അതിന് പ്രതീതിയാണ് അന്യത്വം വാ കുതസ്ഥിതിയ അന്യസ്യ അന്യസ്യ കാരണത്തും കാര്യത്തും വാ പ്രതിബദ്ധ്യത അതുകൊണ്ട് ആ ഏകമായ വസ്തു മാത്രമായിരിക്കെ ഇവിടെ നമ്മൾ ഈ നമ്മുടെ കൽപ്പനയിൽ നിൽക്കുന്ന ഈ വസ്തുക്കൾ അത് മറ്റൊന്നിൽ നിന്ന് വരാൻ വഴിയില്ല അതൊന്നിന്റെ കാര്യമാകാൻ വഴിയില്ല അത് മറ്റൊന്നിന് കാരണമാകാൻ വഴിയില്ല എന്നർത്ഥം വസ്തുവല്ലാത്ത ഒന്നിനെങ്ങനെ കാര്യകാരണ ശൃംഖലയിൽപ്പെടാൻ പറ്റും വെളിച്ചത്തിൽ കാണുന്ന നിഴല് അതിനെന്താ വസ്തുത്വമുള്ളത് എന്തുകൊണ്ടാണ് കേവലം വെളിച്ചത്തെ ആശ്രയിച്ച് മാത്രമേ അതിനെ നിലനിൽക്കുള്ളൂ സ്വതന്ത്രമായി നിലനിൽക്കുള്ള ഒന്നല്ല നിഴല് അതിനെ ഒരു വസ്തുവായി കാണും വസ്തുവായി കാണുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് വെളിച്ചത്തിൽ നിന്നും വേറിട്ടുള്ള സ്വതന്ത്രമായൊരു പദാർത്ഥമായി കാണുന്നു നമ്മൾ നിഴലിനെ സംബന്ധിച്ച് അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ നിഴൽ എന്ന് പറയുന്നത് വെളിച്ചത്തിൽ നിന്നും വേറെയാണ് സ്വതന്ത്രമായ ഒരു വസ്തുവാണെന്ന് കരുതി ശരിയാകും പിന്നെന്താണ് വെളിച്ചവും നിഴലും നമ്മൾ പരിശോധിച്ചു എന്ത് മനസ്സിലാകുന്നു വെളിച്ചത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കേവലമായൊരു പ്രതീതി അതിനപ്പുറം അതിൽ യാതൊരു വസ്തുസത്തല്ല നമ്മൾ ധരിക്കുന്നത് പോലെ അതാണ് ബോധത്തിൽ പ്രപഞ്ചത്തിന്റെ നില എന്നാണ് ഇവിടെ പറയുന്നത് ബോധത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പ്രതീതിക്കപ്പുറം അതിൽ വസ്തുസത്തയില്ല എന്നാണ് കൊണ്ടുവന്ന് നമുക്ക് അനുഭവപ്പെടുന്നു അത് ശരിയല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതോ അദ്രവ്യത്വ അനന്യത്വ എന്ന് കസ്സിച്ച് കാര്യം കാരണം ആത്മാ അതുകൊണ്ടെന്താണ് ഈ വിജ്ഞപ്തി അത് ഒരു വസ്തുവല്ല ഒരു പദാർത്ഥമല്ല അതുകൊണ്ട് തന്നെ ഈ വിജ്ഞപ്തിയിൽ പ്രതീതമാകുന്ന ഒന്നിനും നമ്മൾ ധരിക്കുന്നത് പോലെ ഇല്ലാതെ സർവത്തിന് നമുക്ക് പദാർത്ഥസത്ത് അനുഭവപ്പെടുന്നുണ്ട് പൃഥിവി തേജസ് വായു തേജസ് ജലം തുടങ്ങി സർവത്തിനും ആകാശം സർവത്തിനും പദാർത്ഥ സത്ത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പറയുന്നത് എവിടുന്ന് വന്ന ഈ പദാർത്ഥ സത്ത നമ്മൾ ധരിക്കുന്നത് പോലെയുള്ള വസ്തുത്വം അതിലില്ല വിജ്ഞാനമാണെങ്കിലോ അത് സ്വയം ഒരു വസ്തുവല്ല ഒരു പദാർത്ഥമല്ല പദാർത്ഥമൊന്നും അല്ലെന്നെന്തുകൊണ്ട് പറയുന്നു പദാർത്ഥങ്ങളിൽ നമ്മൾ കാണുന്ന മാനങ്ങളൊന്നും അതിലില്ല ഖനമാനങ്ങൾ ഗുരുത്വലഹിത്വങ്ങൾ പരിമാണങ്ങൾ കരസം തീർത്ഥം ഇതൊക്കെ ചേരുന്നതിനാണ് നമ്മൾ വസ്തുവെന്ന് പറയുന്നത് വിവിധ ധർമ്മങ്ങൾ പല ഗുണങ്ങൾ ഇതെല്ലാം കേവലം വെളിച്ചത്തെ ആശ്രയിച്ചു നിൽക്കുന്ന നെഴുപോലെ ബോധത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കേവല കൽപ്പനകൾ മാത്രമാണ് അനപ്പുറം അതിന് വസ്തുസത്തയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രപഞ്ച കാരണത്തെക്കുറിച്ച് അന്വേഷിച്ച് ആത്മാവിൽ ചെന്നെത്തൽ എന്നാണ് ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് എന്ന കസ്റ്റി കാര്യം കാരണം ആത്മാ ആത്മാവ് ഒന്നിന്റെയും കാരണവുമല്ല ഒന്നിനും കാര്യവുമല്ല എന്തുകൊണ്ട് പ്രപഞ്ചത്തിന് കാരണമല്ല എന്ന് പറയുന്നത് കാരണം അങ്ങനെ ഒന്നില്ലാത്തത് പരമാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നിനങ്ങനെ കാരണത്ത് പറയാൻ പറ്റും പദാർത്ഥ സത്തയില്ലാത്ത ഒന്നിനെങ്ങനെ ഒരു കാരണത്തെ കണ്ടുപിടിക്കുന്നത് നിഴലിന്റെ നിലയുള്ളൂ ഇതിന് അത് പലതവണ ആവർത്തിച്ചതാണ് പ്രതീതി എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ് ഇരളിലൂടെ ഒരാൾ സഞ്ചരിച്ചു തന്നിരിക്കട്ടെ ഇരുളിലൂടെ സഞ്ചരിച്ച് വെളിച്ചം ഉള്ള സ്ഥലത്ത് പെട്ടെന്ന് ചെന്ന് വിട്ടുകഴിഞ്ഞാൽ വിരളിൽ നമുക്ക് യാതൊരു പദാർത്ഥ ബോധവുമില്ല വ്യക്തമായിട്ടുള്ളൂ ഇരുലൂടെ സഞ്ചരിച്ച ഒരാൾ പെട്ടെന്നൊരു വെളിച്ചത്തിൽ ചെന്ന് വിട്ടുകഴിഞ്ഞാൽ എന്താണ് അവിടെ കാണുന്ന പദാർത്ഥങ്ങൾ മരങ്ങളായാലും മനുഷ്യരായാലും മറ്റെന്തെങ്കിലും ആയാലും എല്ലാം എന്താണ് എല്ലാം വെളിച്ചത്തിൽ അനുഭവപ്പെടും ആദ്യം നമുക്ക് ഉണ്ടാകുന്ന പ്രതീതി എന്ന് പറയുന്നത് എന്താണ് വെളിച്ചത്തിലുള്ള പ്രതീതിയാണ് അവിടെ വെളിച്ചത്തിനാണ് പ്രാധാന്യം വസ്തുക്കൾക്കല്ല കാരണം അതുവരെ വെളിച്ചം പ്രകടമായിരുന്നില്ല പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അതാണ് നമ്മൾ പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ പറയും കണ്ണ് മഞ്ചിപ്പോയി എന്ന് പറയും വസ്തുബോധമല്ല ഉണ്ടാകുന്നു വെളിച്ചത്തിന്റെ ബോധം ഉണ്ടാകുന്നു വസ്തുബോധം രണ്ടാമതേ ഉണ്ടാവുന്നു പറയും പരിസരബോധം ഉണ്ടായില്ല എന്ന് പറയും അതുപോലെ ആണ് ഈ പ്രതീതി എന്ന് പറയുന്നത് പ്രപഞ്ചം പ്രതീതമാകുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിനൂടെ വെളിച്ചത്തെ ആശ്രയിച്ചിരിക്കുന്ന നിഴലിന്റെ സ്ഥാനമേ ഉള്ളൂ അവിടെ പ്രാധാന്യം വെളിച്ചത്തിനാണ് നിഴിന് യാതൊരു പ്രാധാന്യവുമില്ല എന്നാലും അത് അനുഭവത്തിൽ നിൽക്കുന്നു വെളിച്ചത്തിൽ നിഴിലും അനുഭവത്തിൽ നിൽക്കുന്നുണ്ടല്ലോ അത് ആവശ്യമുണ്ടോ ഇല്ലയോ പക്ഷെ അത് നിലനിൽക്കുന്നു അതിനാണ് പ്രതീതി എന്ന് പറയുന്നു പ്രകാശത്തിൽ വസ്തുക്കൾ നിൽക്കുന്നത് പോലെ ആ പ്രതീതിയിൽ പറയുന്ന എന്താണ് നിൽക്കുന്ന അത് ഇതിന് കാരണമെന്ന് പറയാൻ വയ്യ നിഴന് സ്വതന്ത്രമായ നിലനിൽപ്പുള്ള ഒന്ന അത് ഇതിന്റെ കാര്യമൊന്നും പറയാൻ വയ്യ അതാണ് കഴിഞ്ഞ കാര്യവസാനം നമ്മൾ ചർച്ചയിൽ നിർത്തിയത് അചിന്തിയ സദൈവത്തെ അചിന്യങ്ങളാണ് പ്രപഞ്ചം അചിന്തിയമായതുകൊണ്ട് തന്നെ ഇതിന് കാരണമായി വിജ്ഞപ്തിയെ സ്വീകരിക്കാൻ വയ്യ ആ വിജ്ഞപ്തിയുടെ കാര്യമായി പ്രപഞ്ചത്തെയും സ്വീകരിക്കാൻ വർത്തിയില്ല ഇതിനൊരു കാരണത്തിന്റെ ആവശ്യമുള്ളതല്ല ഇത് വസ്തുസത്തെ ഉള്ളതല്ല അതുകൊണ്ട് എന്താണ് അജം ഏകം ആത്മതത്വം ഇതാണ് സാമാന്യ പ്രതീതി ഇതിനെ ആശ്രയിച്ച് പ്രപഞ്ചത്തിൻ്റെ നില എന്താണെന്ന് ബോധ്യപ്പെടണം അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ദ്രവ്യം ദ്രവ്യ അന്യന്യസ്രവേതു അന്യഭാവോ വർമാ